വിശേഷ വിചാരണ വിഷയ മധുരങ്ങനെ ചിന്തിച്ചപ്പോ അവർക്കിതിനെ കുറിച്ചൊരു വെളിപാടുണ്ടായി ജ്ഞാനം ഉണ്ടായി കഥനിസ്മിൻപിണ്ട് ദേവസുനി അസുഖിന്റെ ഉപലഭ്യണ്ട് രണ്ടെണ്ണം ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ കർണങ്ങളിലൂടെ അനേക ഭേദഭിന്നെ കർണയന ശ്രുതി പറഞ്ഞനുസരിച്ച് രണ്ടുപേരും വേണം ഒന്ന് കാര്യം കൂടി പ്രവേശിച്ചാലും ഇവിടെ പ്രവേശിച്ചു പക്ഷേ അനേക ഭേദഭിന്നേന കർണയന യേനോപലഭതോപലഭതേ കർണാന്തർ ഉപലബ്ധ വിഷയ സ്മൃതി പ്രതിസന്ധാണ് ഈ കർണങ്ങളിലൂടെ ഏതൊരാത്മാവാണോ അത് മാത്രമല്ല കർണാന്തര ഉപലബ്ധ വിഷയ സ്മൃതി പ്രതിസന്ധാണ് ഇവിടെ എങ്ങനെ രണ്ടെണ്ണം വരും കർണാന്തര ഉപലബ്ധിഷേ സ്മൃതി പ്രതിസന്ധാനം എന്ന് പറയുന്നു മറ്റൊരു ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തിയെ തനിക്ക് സ്മരിക്കാൻ കഴിയും രണ്ടായിരം നിളക്കത്തില്ല എങ്ങനെ മുമ്പ് കണ്ട ഞാൻ തന്നെ ഇപ്പോൾ കേൾക്കുന്നു അങ്ങനെ അപ്പോൾ കാണുന്നു കേൾക്കുന്നു രണ്ടുപേരിൽ ഒരാളാണ് മുമ്പ് കേട്ട ഞാൻ തന്നെ ഇപ്പോൾ കാണുന്നു മണക്കുന്നുചിക്കുന്നു രസിക്കുന്നു ഇവിടെയെല്ലാം എന്താണ് സ്മൃതി പ്രതിസന്ധാനം ഉണ്ട് മറ്റൊരു കരണം ചെയ്ത പ്രവൃത്തിയെ ഒരാൾ സ്മരിക്കുന്നു അസ്മരിക്കുന്നതാരാണ് സ്മരണ എവിടെ സംഭവിക്കുന്നു ആത്മാവിനും തത്രേനുപുലഭതേ സാത്മാ ഭവുമർഹതി േകമാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് രണ്ടല്ല ഞാൻ കേട്ടു യോഹം അദ്രാക്ഷം സഹവിദാനി സ്പർശാമിതാണ് കണ്ട ഞാൻ തന്നെ സ്പർശിക്കുന്നു കണ്ട ഞാൻ തന്നെ ഇപ്പൊ കേൾക്കുന്നു ഈ തരത്തിൽ പറയും ഒരാൾ അന്യ അനുഭൂതൃതി സന്താനയോ ാണ് ഒരാളെ അനുഭവിച്ച വേറെ ആൾക്ക് സ്മരിക്കാൻ പറ്റില്ല അത് സാധ്യമല്ല ഒരാൾ അനുഭവിക്കുക അത് വേറെ ആൾ സ്മരിക്കുക സാധ്യമല്ല അനുഭവവും സ്മരണയും സമാനാധികരണത്തിലാണ് അതുകൊണ്ട് ആത്മാവെന്നാണ് ൂതേന ശ്രോത്രമായി ശബ്ദത്തെ ശ്രമിക്കുന്നത് ഗന്ധാനാഗ്രതി ഏതൊരുവിനാണോ ഘാണമായി ഗന്ധങ്ങളെ ഗ്രഹിക്കുന്നത് ഏനവ വാക്രണഭൂതേന വാചായി ഇവിടെ ഘാണഭൂതേന ഘ്രാണത്തിന് ഗ്രഹിക്കുന്നു വാക്കായി വാക്കിനെ വധിക്കുന്നു പറയുന്നു അങ്ങനെ അശ്വത്യം വാക്കിനെ പറയുന്നു സാധു അസ്വാദി നല്ലത് പറയുന്നു ചീത്ത പറയുന്നു ഏനവാ ജിഹ്വാബുഹുതേന സ്വാദു അസ്വാദി വിചാന ജിഹായിട്ട് ഏതൊരുവനാണോ സ്വാദ് അസ്വാദ് അതിനാഗ്രഹിക്കുന്നത് അവൻ ഏകനാണ് രണ്ടല്ല എന്നിങ്ങനെ വികാരം ചെയ്തറിയുന്നു എന്നാണ് കോയമാത്മേ വയം ഉപാസ്മഹേ കത്തത്മാനവാ പശ്യതി ശൃോതി എല്ലാം മന്ത്രത്തിലുള്ള കാര്യങ്ങളാണ് ആത്മാകമാം എന്നുള്ളതാണ് ഇവിടെ തീരുമാനിച്ചത് ചർച്ച ചെയ്തിട്ട് ഇതേതഹൃദയം മനശ്ചേത സംജ്ഞാനം ആജ്ഞാനം വിജ്ഞാനം മേധാദൃഷ്ടി ധൃതിർമതി മനീഷ ജ്യൂതിമൃതി സങ്കൽപ്പസു കാമോ വശ സർവാണി എനി പ്രമധേയാ ഒരേ ഒരു ഏകനായിരിക്കുന്നവൻ അത് അനേകതാഭിന്നം കാരണം അനേകരൂപത്തിൽ ഭിന്നമായ കർണമായിത്തീരുന്നു അതെങ്ങനെയാണെന്നുള്ളൂ പറയുന്നു യഥിത്തം പുരസാ പ്രജാനാം രേതോ ഹൃദയം എന്നും പറഞ്ഞു മന്ത്രഭാഗത്തിൽ എന്താണ് പ്രജാനാം പ്രജകളുടെ രേതം എന്റെ ഭാഗം അതാണ് ഹൃദയം ജീവന്മാരിൽ ഏറ്റവും സാരമായ ഭാഗമാണ് സാരമായത് അതാണ് ഹൃദയം ഹൃദയരേതവും ഹൃദയത്തിൽ സാരമായിരിക്കുന്ന മനസ്സ് മനസ്സാസൃഷ്ട ആപശ്ച വർണശ്ച മനസ്സിലാസൃഷ്ടമാണ് ആപ്പ് മനസ്സിനാസൃഷ്ടമാണ് ചന്ദ്രമ എന്നെല്ലാം പറയും വർണശ് ഹൃദയാത്മനോ ഹൃദയത്തിൽ നിന്ന് മനസ്സ് മനസ്സന്ദന്ദ്രമാ മനസ്സിൽ നിന്ന് ചന്ദ്രൻ തദ്ദേ മനസ് ഏകം ഏകം ഈ അനേകത അതുകൊണ്ട് ഈ ഹൃദയവും മനസ്സും ഒന്നാണ് ഏകം ഒന്നായിരുന്നുള്ളത് പലതായിരിക്കുന്നു ഏതേന അന്ധക്കരണേന ഏകേന ചക്ഷുർഭൂതേന രൂപം പശുവി ഇതിൽ നിന്നെന്ത അന്ധക്കരണം അതേകമാണ് അതിലൂടെ രൂപത്തെ കാണുന്നു ശ്രോത്രഭൂതേന ശിമോതി ശ്രോത്രമായതിലൂടെ ശ്രവിക്കുന്നു ഘണഭൂതേന ജിഖണി ഘാണേന്ദ്രിയമായതിലൂടെ മണക്കുന്നു വാഗ്ഭൂതേന വാഗ് രൂപത്തിലുള്ള ഇവിടെ വധിക്കുന്നു ജിഹ്വാഭൂതേന രസീതി ഇവിടെയെല്ലാം ആ ഏകത്വത്തെ കാണിക്കുന്നു അത് തന്നെ ജിഹ്വാ രൂപത്തിലായി രസിക്കുന്നു സ്വയന വികല്പ എന്നാരോപേണ മനസ്സിക സ്വയം തന്നെ എങ്ങനെ വികൽപ്പൂപത്തിലുള്ള മനസ്സായി അത് ഹൃദയരൂപണ അധ്യവസ്യം ഹൃദയ രൂപത്തിൽ അത് നിശ്ചയിക്കുന്നു തസ്മാർ വിഷയവ്യാപാരം ഏകം ഇതം കർണം ഉപലബ്ധു അതുകൊണ്ട് സർവകർണവിഷയവ്യാപാര സർവ്വകർണവിഷയമായ വ്യാപാരങ്ങൾ സർവോപലർ ഉപലബ്ധാവിന് സർവജ്ഞാനം ഉണ്ടാകുന്നതിന് ഇതാണ് കർണമായിരിക്കുന്നത് തഥാ ച കോശീതുന്നു പ്രജ്ഞയാച സമാരുഹ്യ വാച സർവാണി നാമ ദയാ പ്രജ്ഞാചഗ്രഹിക്കുന്നു വാക്കിനഗ്രഹിക്കുന്നു വാക്കിലൂടെ സർവനാമങ്ങളെയും ഗ്രഹിക്കുന്നുാപിച്ചിട്ട് ചക്ഷുഷ ചൂടെ സർവാണി രൂപാണി ആത്മന സർവരൂപങ്ങളെയും വാജസനേഖാസനേനത്തിനും പറയുന്നു മനസ്സാഹിയോ മനസ്സുകൊണ്ട് കാണുന്നു മനസ്സാശി മനസ്സുകൊണ്ട് കേൾക്കുന്നു ഹൃദയൂപാണി ജാനാദി അവന്റെ ബുദ്ധി കൊണ്ട് സർവത്തെ അറിയുന്നു തസ്മാ ഹൃദയമനോ വാചിസ്യ സർവോലബ്ധികം പ്രസിദ്ധം അതുകൊണ്ട് ഹൃദയം മനസ് എന്നെല്ലാം പറയുന്ന ഇവ സർവോലബ്ധികമാണ് സർവോപലബ്ധിക്കത് കർണമായിരിക്കുന്നു തദാത്മക പ്രാണൻ തത്സ്വരൂപമായിരിക്കുന്നു പ്രദേസരൂപനായിരിക്കും മനസ്സരൂപനായിരിക്കും പ്രാണോയോ വൈ പ്രാണഹസ് അത് പ്രാണന്റെയും പ്രാണനാണ് സപ്രജ്ഞ പ്രജ്ഞ സപ്രാണ ഏതെന്നാണോ ആ പ്രജ്ഞ ആ പ്രജ്ഞ തന്നെയാണ് ആദ്യം പറഞ്ഞ പ്രാണൻ തന്നെയാണ് പ്രജ്ഞ അടുത്ത് പ്രജ്ഞ തന്നെയാണ് പ്രാണൻ ഇതും പറയുന്നുണ്ട് യും മനസ്സിനെയൊക്കെ ഇങ്ങനെ വർണ്ണിച്ചിട്ട് ആത്മതത്വത്തിലേക്ക് അവനെ മാറ്റാൻ വേണ്ടി പറയുകയാണ് കർണസംഹതി രൂപ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ് കരണ സംഹതിയാണ് ഇതെല്ലാം കൂടിച്ചേർന്നതാണ് പോണസംവാദം ഇതിനുമ്പോ പ്രാണസംവാദം വരുന്നുണ്ട് പ്രാണാപാനാദികളുടെ പരസ്പര ചർച്ച അവിടെ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നവരുടെ മനസ്സിലിതെല്ലാം ഉണ്ട് സ്മൃതി കൊണ്ടാണ് അവരിതിനെ ഞങ്ങളാരെയാണ് ഉപാസിക്കേണ്ടത് ആത്മാബന്ധമാണ് എന്നെല്ലാം ചിന്തിക്കുന്നത് ഉപലബ്ധ ഉപലബ്ധിക ഗുണഭൂതത്വ നൈവ വസ്തുബ്രഹ്മ ഉപാസ്യാത്മാ ഭതി അതുകൊണ്ട് പറയുന്നു പ്രപദാഭ്യാം ഈ കാലടിയിലൂടെ പ്രവേശിച്ച ബ്രഹ്മ ഉപബ്ധരുപലബ്ധികം അത് ഉപലബ്ധി കർണം എന്നുള്ള നിലയിൽ അത് ഗൌണമായതിനാൽ ബ്രഹ്മ ഉപാസ്യൂതി അതുകൊണ്ട് അത് വാസ്തവത്തിൽ ഉപാസ്യരൂപത്തിലുള്ള ബ്രഹ്മമല്ല പാരിശേഷിയുശേഷിക്കുന്നതാണ് യസ്യ ഉപലബ്ധരുപലബ്ധിയർ ഏതെന്നാണോ ഈ ഉപലബ്ധാവിന് ഉപലബ്ധിക്ക് പ്രയോജനപ്പെടുന്നത് സഹൃദനോരുപസ്യകർണസ്യ പ്രത്യേകപക്ഷമാണ് അതെന്താണോ ഈ ഹൃദയത്തിലിരിക്കുന്ന മനോരപത്തിലെ വൃത്തികളാണോ സുലബ്ധോ ഉപാസ്യാത്മാനുഭവം കൃതബന്ധ അതുകൊണ്ടാണോ അതാണ് ഗുലബ്ധനായിരിക്കേണ്ടത് അതാണ് ഉപാസ്യന്റെ ആത്മാവായിരിക്കേണ്ടത് എന്നും നിശ്ചയിക്കാൻ കഴിയില്ല എന്നാ നിശ്ചയം കൃതബന്ധ അപ്പൊ ഈ കർണങ്ങളൊന്നുമല്ല കർണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതല്ല കർണങ്ങൾക്കെല്ലാം പിന്നിൽ ജയിക്കുന്നതാണ് ആത്മാവ് എന്ന് നിശ്ചയിക്കാൻ വേണ്ടി പറയുക എല്ലാം മറിച്ച് കർണങ്ങളാണ് ആത്മാവെന്ന് ധരിക്കാം മനസ്സ് ഉൾപ്പെടെയുള്ളത് അപ്പൊ അന്തക്കണ്ണ ഉപാധിസ്ഥോ പ്രജ്ഞാന ഭ്രമണോപലബ്ധിയ അന്തക്കണ്ണപ്പെടുത്തിയോ ബാഹ്യാന്തർപ്പെടുത്തി വിഷയതായി മാവ് ചന്തി അടുത്തൂടെ വിഷയങ്ങൾ എന്താണ് ഈ ഉപലബ്ധാവ് ഗ്രഹിക്കുന്ന നന്ദക്കണ്ണുപാധി സസ്യ ഉപലബ്ധി അന്തക്കണ്ണമായ ഉപാധിയിലിരിക്കുന്ന ഉപലബ്ധാവും അതാണ് പ്രജ്ഞം അതുതന്നെയാണ് ബ്രഹ്മം പ്രജ്ഞാന ബ്രഹ്മ ഉപലബ്ധിർത്താവും അതിൻ്റെ ഉപലബ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ അന്തക്കണ്ണ പ്രത്യ അന്തതികൾ ബാഹ്യ അന്തർവർത്തി ബാഹ്യമായ ഈ നാമരൂപാധികൾ ഉള്ളിലിരിക്കുന്ന അന്തർവർത്തി സുഖദുഃഖാദികൾ അവയെക്കുറിച്ച് ഇനി പറയുന്നു എന്താണിതെല്ലാം ആ പ്രജ്ഞ അനുരൂപത്തിലുള്ള ബ്രഹ്മത്തിൻ്റെ ഉപലബ്ധിക്ക് ഹേതുവാണ് എന്നുള്ള കാര്യം പറയുന്നു പ്രജ്ഞ തിമാത്ര ഉപലബ്ധിയർ തീ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ ഉപലബ്ധാവിന്റെ ഉപലബ്ധിക്കുള്ള ഉപായമാണോ ശുദ്ധപ്രജ്ഞാനൂപ ബ്രഹ്മണോപലബ്ധിഭൂത തതുപാധിജനിത ഗുണനാമധേയാനി ഭവതി സജ്ഞാനാദീനി ഇത് പ്രജ്ഞാനരൂപത്തിലുള്ള ബ്രഹ്മത്തിന്റെ ഉപലബ്ധിക്ക് കാരണമാണ് ആ ഉപലബ്ധി നിന്നുണ്ടാകുന്ന ഗൗണമായ നാമധേയങ്ങളാണ് സപ്ഞ സപ്ഞാനം ഇനി പറയുന്നത് തുടങ്ങി നാമങ്ങളെക്കുറിച്ച് പറയും പ്രജ്ഞാന് ബ്രഹ്മി പറയുന്നു പ്രജ്ഞാത്രോക ഇങ്ങനെയെല്ലാം ഉപാധികളെ കുറിച്ച് പറയും സർവാണ്ണീ വേദാനീ പ്രജ്ഞപ്തി മാത്ര സി പ്രജ്ഞാന സി നാമധേയം നീ പറയാൻ പോകുന്ന ഈ നാമങ്ങളെല്ലാം കേവല ജ്ഞപ്തി ആ പ്രജ്ഞാനത്തിന്റെ നാമധേയങ്ങളാണ് സാക്ഷാ നേരിട്ടല്ല ഉപാധിയോടുകൂടി മാത്രമേ ഇതെല്ലാം നാം സത്മിയാകുന്നുള്ളൂ തഥാചൂക്തം പ്രാണന്നേവ പ്രാണോ നാം ഭോതി അതടുത്ത് പറയും പ്രാണൻ എന്നിവ പ്രാണോ നാം ഭോതി പ്രാണനം ചെയ്യുന്നതുകൊണ്ട് പ്രാണൻ എന്ന് പറയും ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സെന്ന് ദർശനം ചെയ്യുന്നതുകൊണ്ട് കണ്ണെന്ന് പറയും അങ്ങനെ പറയുന്നു ഇതെല്ലാം എന്താണ് ആ പ്രജ്ഞാനത്തിൻ്റെ നാമധേയമാണ് അവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇത് സാധാരണ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പുതിയ വിഷയങ്ങളൊന്നുമില്ല ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ആത്മാവ് മറ്റ് സർവവ്യവഹാരങ്ങൾക്കും കാരണക്കാരനായിരിക്കുന്നു സർവവ്യവഹാരാതീതനാണെങ്കിലും അക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം പറയുന്നത് പ്രജ്ഞാന സംജ്ഞപ്തി പ്രജ്ഞാനം എന്നൊരു ജ്ഞാനം അതുതന്നെ ചേതനഭാവം എന്ന് പറഞ്ഞു അജ്ഞാനം അജ്ഞപ്തി ി ഈശ്വരഭാവം പ്രജ്ഞാനം ഇവിടെ പറയുന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് സർവാണ്യസി പ്രജ്ഞാനുഭവന്തി പറഞ്ഞു സജ്ഞാനം ആജ്ഞാനം വിജ്ഞാനം മേധ ദൃഢിർ മതി മനീഷ ജ്യോതി സങ്കല്പ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഉപലബ്ധിന്ദ്രിയുള്ള കാര്യവിഷയങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ദൃഷ്ടി അസവന്ന ശരീരേന്ദ്രിയോർ ഉത്തമ്പനംഭൂതി ധൃതി എന്ന് പറയുന്ന സാധാരണ ധൈര്യം എന്ന് പറയും തളർന്ന ശരീരത്തിന് വീണ്ടും ജീവൻ കൊടുക്കുന്നത് ഉയർച്ച കൊടുക്കുന്നതാണ് ധൃതി ശരീരം ഉദ്വഹന്ത ശരീര ബലം കൊണ്ട് ശരീരം നിലനിൽക്കും എന്ന് പറയാറുണ്ട് മധുർ മനനം മനീഷ തത്ര സ്വാതന്ത്ര്യം അതിന്റെ സ്വാതന്ത്ര്യമാണ് മനീഷ ജ്യോതിഹി ചേതസ്വരുജാതി ദുഃഖിത്വഭവ ജ്യോതി എന്ന് പറഞ്ഞെന്താണ് ദുഃഖമാണെങ്കിൽ അങ്ങനെ മാനസിക ദുഃഖങ്ങൾ സ്മൃതി വിസ്മരണം സങ്കൽപ്പഹ ശുക്ലകൃഷ്ണാദി ഭാവുന്ന സങ്കല്പനം രൂപാധീന നിറങ്ങളിട്ട് മറിയുന്നത് അധ്യാവസായ കൃതെന്നു പറഞ്ഞതിലൂടെ അധ്യാവസായം നിശ്ചയം എന്നുള്ള അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത് യാഗം എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ നിശ്ചയങ്ങളുള്ള അർത്ഥം കൊടുത്തിരിക്കുന്നു അസു പ്രാണനാദി ബീജക്രിയാനിമിത്ത അസു അതും ഒരു പ്രവൃത്തിയാണ് പ്രാണന്റെയും മറ്റും പ്രവൃത്തി അസംനിഹിത വിഷയാകാംക്ഷ കൃഷ്ണ ഇപ്പോൾ കിട്ടാത്ത വിഷയങ്ങളെ ആഗ്രഹം അതാണ് കാമം പ്രാപ്തമായ വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹം അതാണ് കൃഷ്ണ പശ സ്ത്രീ സ്ത്രീ പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന ആഗ്രഹം അതാണ് സ്ത്രീ വ്യതികരം എന്ന അഭിലാഷ ഇത്യുമാദ്യ അന്തക്കർണ്ണ പ്രത്യേക സഹേഷ പ്രജ്ഞാന രൂപ ആത്മാ അതാണ് പ്രജ്ഞാന രൂപത്തിലുള്ള ആത്മാവ് ബ്രഹ്മാപരം സർവശരീരം അത് തന്നെയാണ് അപരബ്രഹ്മം സർവശരീര സർവശരീരഥമായിരിക്കുന്ന അതിനാണ് അന്തര്യാമി എന്നർത്ഥം പ്രജാത്മാ അന്തക്കണ്ണ ഉപാധി അനുപ്രവിഷ്ട പ്രാണൻ എന്താണോ പ്രജ്ഞാത്മാവാണോ അന്തക്കണ്ണമായ ഉപാധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ജലഭേദ സൂര്യപ്രതിയും ജലഭേദത്തിലുള്ള ഇരണ ഗർഭപ്രാണൻ അതാണ് പ്രജ്ഞാത്മാവ് അത് പ്രജാപതിയെ കുറിച്ചും പറയും യേശ്രഹ്മേശന്ദ്ര യേശ പ്രജാപതി അടുത്ത് പറയും സമയഇന്ദ്രോ അവൻ തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത് ഗുണദേവരാജവ ദേവരാജനെന്നും പറയാൻ ഇന്ദ്രിയങ്ങളെന്നും പറയാം അനുപരം ഇന്ദ്രേഷ പ്രജപതിരി പൃഥി ആകാശ ആ ഉദ്ഭിത പുരുഷാഹസ് യത്കിഞ്ചെയ്തം പ്രാണി ജംഗമം ചതത്രി ജയിച്ച സ്ഥാപനം പ്രജ്ഞാനേത്രം പ്രജ്ഞാനി പ്രതിഷ്ഠിതം പ്രജ്ഞാനേത്രോ ലോക പ്രജ്ഞാനം ബ്രഹ്മ ഇതാണ് മഹാവാക്യം വിശേഷിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ പലതവണ ചർച്ച കാര്യങ്ങളാണ് ഞാൻ കൂടുതലത് വിശദീകരിക്കാൻ മനക്കിട പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി മഹിമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മ അസ്മി എന്ന കൂട്ടത്തിൽപ്പെടുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ മഹാവാക്യങ്ങളെന്ന് പറയും ഭാഷകാലം അങ്ങനെ പറയുന്നില്ല മഹാവാക്യം എന്ന് മറ്റേതിന്റെ പേര് വരുന്നത് പിന്നീട് വന്ന് ആചാര്യന്മാർ കൊടുത്ത പേരാണ് മഹാവാക്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അദ്വൈതികൾ മഹാവാക്യം എന്ന് പറയാൻ കാരണം ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നുണ്ട് അതിനാണ് മഹാവാക്യം എന്ന് പറയുന്നത് മറ്റ് ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിനെല്ലാം പൊതുവെ പറയും അവാന്തരവാക്യങ്ങൾ ഏകത്വത്തെ എന്തുകൊണ്ട് ബോധിപ്പിക്കുന്നു അഭേദമായി നിർദ്ദേശിക്കുന്നു എങ്ങനെ അഭേദമായി നിർദ്ദേശിക്കുന്നു പ്രജ്ഞാനം ബ്രഹ്മ രണ്ടും ഏകവചന രൂപത്തെ നിർദ്ദേശിക്കുകയാണ് അതിൽ പ്രജ്ഞാനം എന്ന് പറയുന്ന ഒരു പറയുന്നത് മറ്റൊരു ശബ്ദവും ബ്രഹ്മ എന്ന് പറയുന്നത് പ്രജ്ഞാനം ജീവാത്മാവിനെ കാരണം ഇവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത് ജ്ഞാന ജീവൻ ലാണലോ ഇരിക്കുന്നു പ്രജ്ഞാന ശബ്ദം അവിടെ ഉപയോഗിച്ചു അതുകൊണ്ടിത് ഏകത്വത്തെ ബോധിപ്പിക്കുന്നു അഭേദമായി രണ്ട് ശബ്ദങ്ങൾ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു അതിന്റെ ലക്ഷ്യം ഒന്നിനെയാണ് ബോധിപ്പിക്കുന്നത് അതുകൊണ്ടിത് വാക്യാർത്ഥം രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നിനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതിന് മഹാവാക്യം ഏകത്വ ബോധകവാക്യം എന്ന് പറയും ഈ ഉപനിഷത്ത് ഐതിര ഉപനിഷത്ത് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് മഹാവാക്യതിനകത്തുള്ളത് എന്നാണ് സാമ്പ്രദായകന്മാർ പറയുന്നത് അതല്ലാതെ ഇതിൽ കാര്യമായ വിഷയങ്ങളൊന്നും വേദത്തിൽ ദിനം വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആ ഭാഗം വ്യാഖ്യാനിക്കാതെ ഈ ഉപനിഷദ് ഭാഗം മാത്രം ഇടക്ക് വ്യാഖ്യാനിച്ചത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സന്ദർഭങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് വലിയ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമല്ല എന്നിട്ട് ഇതിൽ ഭാഷ്യകാരൻ ആത്മവിദ്യയെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് സ്വന്തമായി നടക്കും അതിന് കാരണം ഈ പ്രജ്ഞണം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യമാണ് യേശ്രഹ്മേശ ഇന്ദ്ര യേശ പ്രജാപതി എേ ദമാനി പഞ്ചമഹാഭൂതൃഥിവിയുരാകാശ ആ ക്ഷുദ്രമിശ്രാണീവീതരാതരാ അണ്ടിജാ ഉദ്ധിജ്ജ് ഗവരുഷ ഹസ്തി ജംഗമം ച പത്രൃച്ചത് പ്രേത്രം പ്രതിഷ്ടേത്രോലോ പ്രതിഷ പ്ര ാണ് വ്യാഖ്യാനിച്ചത് സേഷ പ്രവിഷ്ടൂര്യം ഹിരണ്യർ പറയുന്നു അപ്പൊ അതിനെ ഹിരണ്യഗർഭനം നടത്താൻ പറഞ്ഞു കാരണാടുത്ത് പ്രജാപതി എന്ന് പറയുന്നുണ്ട് ഈ ഹിരണ്യഗർഭനും പ്രജാപതി ഒന്നാണെന്ന് ജലഭാഗത്ത് പറയും ഇവിടെ ഉപാധിഭേദം കൊണ്ട് രണ്ടാണെന്ന് പറയുന്നു എന്താണ് പ്രജ്ഞാന രൂപാത്മാ ബ്രഹ്മപര സർവ്വശരീരസ്ഥ അന്തക്കരണോഷം അനുപ്രവേശം അന്തക്കണോപാധികൾ പ്രവേശിച്ചിരിക്കുന്നവൻ സൂക്ഷ്മോപാധിയോട് കൂടിയിരിക്കുന്നവനും നടത്തും ജലഭേദഗത ജലഭേദത്തിലുള്ള സൂര്യപ്രതിബിംബത്തെ പോലെ ഹിരണ്യഗർഭ പ്രാണ പ്രജ്ഞാത്മ എന്നെല്ലാം പേരുണ്ട് സയവ ഇന്ദ്രോ യേശുദ്രാവൻ തന്നെയാണ് ഇന്ദ്രൻ ഗുണങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ ദേവരാജോ ആ ദേവരാജൻ എന്നുള്ള അർത്ഥത്തിനും പറയാം യേഷ പ്രജാപതിർ പ്രഥമജശരീരി പ്രജാപതി എന്ന് പറയുന്നത് പ്രഥമശരീരി വന്നതാണ് സൂക്ഷ്മഭിമാനിയായിരിക്കുന്നത് സൂക്ഷ്മ ഉപാധിയോട് കൂടിയിരിക്കുന്നത് കരണീഗർഭനും സ്ഥൂലോപാധിയോട് കൂടിയിരിക്കുന്നത് പ്രജാപതിയും അങ്ങനെ പറയും യുധോ മുഖാദി നിർഭേദ എവിടെ നിന്നാണോ ചർച്ച ചെയ്ത മുഖാദികളെ അഗ്നിയാദി ലോകപാലന്മാരുണ്ടായത് സപ്രജാപതിരേവ ഇതെല്ലാം ചർച്ച ചെയ്താണ് പ്രജാപതി ഇവൻ തന്നെ സർവേ ദേവ അടുത്ത് പറയുന്നു അഗ്നിയാദി സർവ്വദേവന്മാരും പ്രജാപതി ഇതുതന്നെ വ്യാഖ്യാനിക്കുന്നു സർവശരീരോപാദാനി അന്നാദലക്ഷണാനി മുമ്പ് വന്നതാണ് ഏതാനിഞ്ചുമാനുജ ക്ഷുദ്രമിശ്രാണി ക്ഷുദ്രയിൽ ക്ഷുദ്രങ്ങളായിട്ടുള്ളവേഖ്യാനന്ദിപ്പിറങ്ങി മസക പിലികാദികൾ ക്ഷുദ്രമിശ്രാണി അല്പജീവികൾ ഇതെല്ലാം ഇതെല്ലാം ഇത് തന്നെ എന്താണ് പറഞ്ഞത് സർവാത്മഭാവത്തെ കുറിച്ച് പറയണം യേശ്രഹ്മ തുടങ്ങി ഇതുവരെ ഇരണീർഭനായിരിക്കുന്നത് ഇന്ദ്രനായിരിക്കുന്നത് പ്രജാപതിയായിരിക്കുന്നത് മറ്റ് ലോകപാലന്മാരായിരിക്കുന്നത് മഹാഭൂതങ്ങളായിരിക്കുന്നത് പൃഥ്വി വായുരാകാശ ആപഹ ജ്യോതിവിംഷി നിത്യേതാനി ഹിമാലജ ക്ഷുദ്ര മിശ്രാണി ഈ കൊതുകും പാറ്റയും എല്ലാം ആയിരിക്കുന്നത് ബീജാനി ഇതരാണിജ ഇതരാണിജ എന്നും പറയും അങ്ങനെ സർപ്പാദീ നീ സർപ്പാദികൾ ബീജാനി കാരണാനി പറയുന്നു ഇതരാണി ഇതരാണി ചൈതരാണി ഒന്ന് മറ്റൊന്നിനു കാരണമായി ഇങ്ങനെ ഈ ജീവപരമ്പര ദുരാശീന രണ്ടു തരത്തിലൂടെ നിർദ്ദേശിക്കുന്ന താനി താനു അണ്ടജാതി അണ്ടജാനി പക്ഷ്യാധീനി അണ്ടജങ്ങൾ ജരാഷ്യാധീനി ശ്വേതജാനി തേന് ചെള് മുതലായവ പിളർന്നു വരുന്നത് അശ്വ ഗുരുഷാഹ ഈ സർവാത്മഭാവം എന്ന് പറയുമ്പോൾ ഒരു സംശയവും വരാതെ പറയണം അശ്വം ഗോവ് പുരുഷന്മാർ അസ്ത്യനോ ം പ്രാണിജാതം അങ്ങനെ പറഞ്ഞു പോയാൽ അവസാനമില്ലാത്തതായ ഈ പ്രാണിജാതങ്ങൾ ജംഗമം പദ്യം ഗിച്ചതി അടുത്ത് മന്ത്രത്തിൽ പറയുന്നുണ്ട് ശോ ഗാവ പുരുഷാഹസ് പറയും പത്തര ആകാശീന പതനശീലം പറക്കുന്നവച്ച് സ്ഥാപനം അച്ചലം ഇനി അച്ചലമായിട്ടുള്ളത് പ്രപഞ്ചത്തിൽ ഒന്നിനെയും വിടുന്നില്ല സർവശേഷുന്ന സർവവും പ്രജ്ഞാനേത്രം പ്രജ്ഞ നേത്രോന്നു ചക്കണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പ്രജ്ഞപ്തി പ്രജ്ഞാ ജ്ഞാനം ഇതിനുള്ള ആധാരമായിരിക്കുന്നത് അതാണ് പ്രജ്ഞ തച്ച ബ്രഹ്മൈവ പ്രജ്ഞ എന്ന് പറയുന്നത് അത് ബ്രഹ്മം തന്നെ ഇപ്പം നേത്രം എന്ന് പറഞ്ഞാലോ നീയതി അനേനീതി നേത്രം നിയതി അനേന ഇതിനാൽ നയിക്കപ്പെടുന്നു അതുകൊണ്ട് ഇതിനെ നേത്രം എന്ന് പറഞ്ഞു നായകൻ ബ്രഹ്മൈവ നേത്രം ബ്രഹ്മമാണോ െല്ലാം നയിക്കുന്നത് ബ്രഹ്മാത്മകമാണ് അതാണ് പറഞ്ഞു വരുന്നത് യേസ്യ തതിഥം പ്രജ്ഞാനേത്രം പ്രജ്ഞായ്വ നേത്രം യസ് പ്രജ്ഞയാകുന്ന ആധാരത്തോടു കൂടിയത് പ്രജ്ഞയാകുന്ന നായകനോട് കൂടിയത് പ്രജ്ഞാത്മകമാണ് സർവ്വവും പ്രജ്ഞാനും ബ്രഹ്മണി ഉത്പത്തിസ്ഥിതി പ്രളയകാലേ സുപ്രതിഷ്ഠിതം പ്രജ്ഞ്രയം ഇത്യർത്ഥ പ്രജ്ഞാനാശ്രയം അതാണ് അതിന്റെ താല്പര്യം പ്രജ്ഞാനേത്രം എന്ന് പറഞ്ഞാൽ എന്താണോ പ്രജ്ഞാനം ്രഹ്മം അതിൽ ഉത്പത്തിസ്ഥിതി പ്രളയകാല പ്രതിഷ്ഠിതം ഉത്പത്തിസ്ഥിതി പ്രളയകാലങ്ങളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് പ്രജ്ഞാനാശ്രയം അതാണ് ഈ മന്ത്രത്തിൽ പറയുന്ന ഈ മുഴുവൻ ഭാഗങ്ങളുടെയും എന്താണ് യേശ്രഹ്മേശ ഇന്ദ്ര തുടങ്ങി ഇതുവരെ പറയുന്നുണ്ട് താല്പര്യം ഇതാണ് പ്രജ്ഞാനേത്രം ഇത് ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു പ്രജ്ഞാനേത്രോ ലോക ്രഹ്മമാകുന്ന പ്രജ്ഞയിൽ ചരാചര പ്രപഞ്ചം അധിഷ്ഠിതമായിരിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ രാമദേവനെപ്പോലെ ഉള്ള ഋഷിമാർ ആ സർവാത്മഭാവത്തെ സാക്ഷാത്കരിച്ചു പിന്നീടുള്ളവരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഏതാണ് ഈ ആത്മാവ് ഏതാത്മാവിനെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ആ ചിന്തയുടെ ഫലത്തെക്കുറിച്ച് പറയാൻ അവരും ആ സർവാത്മഭാവത്തെ തന്നെയാണ് ഗ്രഹിച്ചിരിക്കുന്നത് പ്രജ്ഞാചക്ഷർവ സർവേവലോക കാരണം നേരത്തെ പ്രജ്ഞാനേത്രം എന്നുള്ളതിന് നേത്രം കണ്ണമെന്നുള്ള അർത്ഥം പറഞ്ഞല്ലേ നീ ധാതു നേത്രം എന്നുള്ള ശബ്ദമുണ്ടായാൽ നീ പ്രാവണേ നയനെ നയിക്കാന്നുള്ള അർത്ഥത്തിലുള്ള ധാതുവൻ നയിക്കുന്നവൻ കണ്ണിനു അതുകൊണ്ടാണ് അർത്ഥം നേത്രം എന്തുകൊണ്ടാണ് നയിക്കുന്നത് ജീവനെ വെളിച്ചത്തിന്റെ സഹായത്താൽ നയിക്കുന്നർത്ഥത്തിലാണ് നേത്ര ശബ്ദം പക്ഷെ ഇവിടെ വീണ്ടും വന്ന് പ്രജ്ഞാ ചക്ഷു ചക്ഷു എന്ന് പറയുന്നത് കണ്ണെന്നുള്ള പ്രസിദ്ധമായ അർത്ഥത്തിലാണ് അതുകൊണ്ട് നേത്രം എന്നുള്ളതിന് നയിക്കുന്നവൻ ഫലത്തിൽ ആശ്രയം എന്നർത്ഥം ഇവിടെ പറയുന്നു പ്രജ്ഞാനേത്രം പ്രജ്ഞാചക്ഷു പടുത്തത് പ്രജ്ഞയാകുന്ന കണ്ണോടുകൂടിയവനാണോ സർവേവലോക സർവജീവികളുടെയും ഉള്ളിൽ വരുന്ന ചക്ഷുരൂപത്തിൽ സ്തുരിക്കുന്നത് ഈ പ്രജ്ഞ തന്നെയാണ് ചക്ഷിരേന്ദ്രിയെന്ന് പറയുന്നത് വിഷയജ്ഞാനം അത് പ്രജ്ഞയുടെ അവിടെ ചക്ഷിരേന്ദ്രിയെന്ന് പറഞ്ഞാൽ സർവ്വജ്ഞാനേന്ദ്രിയുദ്ദേശിച്ച് പറഞ്ഞിരിക്കും സർവജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും ഉണ്ടാകുന്ന ഈ ദർശനം പ്രപഞ്ചഭാനം അത് ഈ പ്രജ്ഞയുടെ ഭാണമാണ് അതുപോലെ സർവജീവികളും ജീവനുള്ള എല്ലാത്തിനും പ്രപഞ്ചബോധം ഇന്ദ്രിയങ്ങളിലേറ്റുറിച്ചിലുണ്ടാകണം എല്ലാ ഇന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷെ പ്രപഞ്ചബോധ സർവത്തിനുണ്ട് ആ പ്രപഞ്ചബോധം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ആ അത് ഈ പ്രജ്ഞയുടെയാണ് ബ്രഹ്മത്തിന്റെയാണ് ബ്രഹ്മം തന്നെയാണ് അങ്ങനെ ദർശന രൂപത്തിൽ സ്ഫുരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു പ്രജ്ഞാചക്ഷു അതുകൊണ്ട് സർവരിലും ഈ ആത്മതത്വം പ്രകാശിക്കുന്നു ഉപാധികളെ കൊണ്ട് പലതായി പ്രകാശിക്കുന്നു അത് ആ പരബ്രഹ്മൻ തന്നെയാണ് അങ്ങനെ പ്രകാശിക്കുന്നത് ഉപാധികൾ കൊണ്ട് വേറെ വേറെ ജീവന്മാരെന്നും വേറെ വേറെ അനുഭവങ്ങളെന്നും തോന്നുന്നേ ഉള്ളൂ നമ്മൾ സർവ ഏവലോക സർവലോകർ സർവപ്രാണികളും പ്രജ്ഞാപ്രതിഷ്ഠ സർവസേജകഥ പ്രജ്ഞയിൽ പ്രതിഷ്ഠിതമാണ് ഈ ലോകം മുഴുവൻ പ്രജ്ഞയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് പ്രജ്ഞയിൽ നിന്ന് വരുന്നു ഇതെല്ലാം പ്രജ്ഞയിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നു ഗാഠനിദ്രയിൽ ഇതെല്ലാം ആ പ്രജ്ഞയിലേക്ക് തന്നെ വിലയം പ്രാപിച്ചു ജാഗ്രത ആ പ്രജ്ഞയിൽ നിന്ന് തന്നെ ഉണർന്നത് ഇതാണ് സർവജീവികളുടെ അനുഭവം മനുഷ്യന്റെ മാത്രമാണ് സർവപ്രാണികൾക്ക് ഈ അനുഭവം നിദ്ര ജാഗ്ര ഈ അനുഭവം സർവജ്ഞ അതിനാധാരമായിരിക്കുന്ന എന്താണ് പ്രജ്ഞയാണ് പ്രജ്ഞയല്ലാതെ അവിടെ വരുന്നു ഞാൻ സുപ്തനായിരുന്നു എന്ന് പറയുമ്പോൾ പ്രജ്ഞയെ പരാമർശിക്കുകയാണ് ഞാനെന്ന് പരാമർശിക്കുന്ന എന്താണ് ആ പ്രജ്ഞയാണ് തോന്നു പരമാത്മാ ഞാൻ ആത്മാവ് ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുന്നത് ആ പ്രജ്ഞയാണ് അതുകൊണ്ട് പ്രജ്ഞയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് തസ്മ പ്രജ്ഞാനം ബ്രഹ്മ സ്വ അനുഭവത്തിലൂടെ നിരൂപുണം ചെയ്യുകയാണ് പ്രപഞ്ചാനുഭവത്തിലൂടെ നിരൂഗുണം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ പ്രജ്ഞാനമല്ലാതെ മറ്റെന്താണ് ബ്രഹ്മൻ ഈശ്വരനെന്നോ ദൈവമെന്നോ പരമാത്മാവുന്നു ബ്രഹ്മമെന്നോ എന്തായാലും അത് ഈ പ്രജ്ഞാനം തന്നെയാണ് സർവജീവികളിലും സ്ഫുരണരൂപത്തിലിരിക്കുന്ന പ്രജ്ഞാനം തന്നെ തതേതത് പ്രത്യസ്തമിത സർവോപാധിവിശേഷം സനിരഞ്ജനം നിർമ്മലം നിഷ്ക്രിയം ശാന്തം ഏകം അദ്വയം പോഹസ സംവേദ്യം സർവശ്ദ പ്രതി അഗോചരം ബ്രഹ്മ പരിചയമില്ലാത്തതായതുകൊണ്ട് ഈശ്വരൻ എന്നൂടെ പറയുന്നു ഏതെന്തിനാണോ പ്രജ്ഞ നേത്രം പ്രജ്ഞാചക്ഷു പ്രജ്ഞാനം എന്ന് പറഞ്ഞത് പ്രത്യസ്തമിത സർവോപാധിവിശേഷം അവിടെ സർവോപാധി വിശിഷ്ട ഉപാധികളും അവിടെ അസ്തമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഹിരണ്യഗർഭനോ പ്രജാപതിയോ ഇന്ദ്രനോ അല്ലെങ്കിൽ എന്നുമ്പോൾ പറഞ്ഞ മശകാദി പ്രാണികളോ സ്ഥാപരം ചരം അചരം എന്ന് ഉപേജിച്ചവയോ ഒന്നുമല്ല പരമാർത്ഥത്തിനിടെയൊന്നും അല്ലാതെ എന്താണ് സർവോപാധി വിശേഷം പ്രത്യസ്തം ഇതവിടെ സർവോപാധികളും അസ്തമിച്ചിരിക്കുന്നു സനിരഞ്ജനം അത് ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്തതാണ് അഹന്ത മമത തുടങ്ങിയ കളങ്കങ്ങളൊന്നും അവിടെയില്ല നിർമ്മലം അതുകൊണ്ട് അവിദ്യ തുടങ്ങിയ ദോഷങ്ങളില്ല ഈ പ്രജ്ഞയിൽ പ്രജ്ഞാനത്തിൽ അവിദ്യയില്ല അവിദ്യ ഉണ്ടെന്നും അദ്വൈതി ഒരിടത്തും അംഗീകരിക്കത്തില്ല അദ്വൈതത്തിൽ അങ്ങനെ ഒരു ചർച്ചയേയില്ല എവിടെയെങ്കിലും അവിദ്യ ഉണ്ടെന്നൊരു ചർച്ചയില്ല അതാണ് നിർമ്മലം എന്ന് പറയുന്നത് അവിദ്യ എന്തുകൊണ്ട് ഉണ്ടെന്ന് പറയുന്നില്ല കാരണം അവിദ്യ അവസ്തുവാണ് അതൊരു വസ്തുവല്ല വസ്തുവല്ലാത്തതിനുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടുള്ളതിനെ അനർവാച്യം എന്ന് പറയുന്നത് അനർവാച്യം അവിദ്യ അല്ലെങ്കിൽ പ്രജ്ഞാനം നിർമ്മലമാണ് അവിദ്യയില്ല അതുകൊണ്ട് പ്രജ്ഞാനം പാരമാർത്ഥികമായി സദാ നിർമ്മലമാണ് നിഷ്ക്രിയം ഇവിടെ അനുഭവിക്കുന്ന ഈ ചലനങ്ങളെല്ലാം മനസ്സിന്റെ ചലനമാണ് സർവത്ര ചലനം മനസ്സിന്റേതാണ് അന്ധകരണത്തിന്റെ ചലനമാണ് അന്ധകരണത്തിന്റെ ചലനത്തെയാണ് ശബ്ദസ്പർശ രൂപരസ് ഗന്ധജ്ഞാനമായിട്ട് അനുഭവിക്കുന്നു മാറിമറയുന്ന അതുതന്നെ പ്രാണരൂപത്തിൽ അനുഭവിക്കുന്നു ആന്തരികമായ പ്രാണന്റെ ചലനമായി ശരീരത്തിന്റെ ചലനമായി ബാഹ്യമായി പ്രപഞ്ച പ്രാണന്റെ ചലനമായി പഞ്ചഭൂതങ്ങളുടെ ചലനമായി ഒക്കെ അനുഭവപ്പെടും ഷു പരമാർത്ഥത്തിലോ നിഷ്ക്രിയമാണോ അവിടെ അടുത്തു പറയും നേതി നേതി ഇതിനെയെല്ലാം അവിടെ നിഷേധിച്ചിരിക്കുന്നു ആ വിദ്യയെ നിഷേധിക്കുന്നു എന്തുകൊണ്ടത് ഉള്ളതുകൊണ്ടല്ല അദ്വൈതത്തിൽ നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ഉള്ളതിനെയല്ല ഇല്ലാത്തതിനെ നിഷേധിക്കുന്നു ും നിഷേധിക്കാൻ പറ്റത്തില്ല നാ സോ വിദ്യാവോ വിദ്യേന്തുകൊണ്ട് നിഷേധിക്കുന്നു ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നുള്ള ശബ്ദത്തിന് ഭാഷ്യകാരൻ മിഥ്യ എന്നുള്ള അർത്ഥം പറഞ്ഞത് ആ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച ഓരോ വൻഷത്തിലും മിഥ്യാശബ്ദം പ്രയോഗിച്ചിട്ടില്ല വന്നിട്ടില്ല ദിനമിഥ്യം എന്നോണ്ട് പറഞ്ഞു നീതി നീതി എന്ന് പ്രയോജിച്ചോണ്ട് സത്ത് നിഷേധത്തിന് അയോഗ്യമാണോ ഉള്ളതിനെ നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇല്ലാത്തതിനെ നിഷേധിക്കുന്നു അപ്പൊ ചോദ്യം വരില്ലെങ്കിൽ പിന്നെ എന്തിനും നിഷേധിക്കുന്നു ഉള്ളതിനെ നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇല്ലാത്തിനേയും നിഷേധിക്കാൻ കഴിയത്തില്ല ഇല്ലാത്തതിനെ എങ്ങനെ നിഷേധിക്കുന്നു പക്ഷെ ഇല്ലാത്തതിനെ നിഷേധിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ഇല്ലാത്തത് ഉള്ളതായി പ്രതീതമാകുന്നു സത്യമായി പ്രതീതമാകുന്നു അതുകൊണ്ട് ഇല്ലാത്തതാണെങ്കിലും നിഷേധിക്കേണ്ടി വരുന്നു പ്രതീതിക്കനുസരിച്ച് ഈ നിഷേധമാണ് പറയുന്ന നിരഞ്ജനം നിർമ്മലം നിഷ്ക്രിയം നിഷേധാർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ് അവിടെ ക്രിയയും നിഷേധിക്കുന്നു ഇല്ലെങ്കിലും ഉണ്ടെന്ന് പ്രതീതമാകുന്ന ക്രിയെ അവിടെ നിഷേധിക്കുന്നു അതുകൊണ്ട് തന്നെ നിരഞ്ജനവും നിർമ്മലവും നിഷ്ക്രിയുമായ ഒന്ന് അത് ശാന്തമായിരിക്കും ഈ ലോകത്തിൽ ലോകമെന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ അനുഭവം നടത്തും ലോകത്തിൽ ലോകം എന്നൊരു ശബ്ദത്തിന് അനുഭവം നടക്കും അപ്പൊ ഈ ലോകത്തിൽ ഈ അനുഭവം നമ്മുടെ അനുഭവത്തിൽ നടത്തും ശാന്തത ശാന്തി എന്ന് പറയുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു സ്ഥലത്ത് മാത്രം എവിടെയാണോ മനസ്സില്ലാതിരിക്കുന്ന അവിടെ വേറൊടുത്ത് ശാന്തിയില്ല മനസ്സ് പ്രവർത്തിച്ചാൽ അവിടെ ശാന്തമാകാൻ പറ്റത്തില്ല മനസ്സ് ഏത് തരത്തിൽ പ്രവർത്തിച്ചാലും ശരി ശാന്തിയില്ല അത് നിരുദ്ധമായി പ്രവർത്തിച്ചാലും ശരി വിക്ഷിപ്തമായി പ്രവർത്തിച്ചാലും ശരി രണ്ട് വിപരീത കൊടികളാണ് മനസ്സിന്റെ ഒന്നത് വിക്ഷിപ്തമായി പ്രവർത്തിക്കുന്നു നേരെ വിപരീത ദിശയിലേക്ക് മനസ്സിന് ക്ഷോഭം ഉണ്ടാക്കി മറച്ചത് നിരുദ്ധമായി പ്രവർത്തിക്കുന്നു അപ്പതൊക്കെ അടങ്ങുന്നു രണ്ട് നിറത്തിലേക്ക് ആയാലും ശരി മനസ്സിൽ ശാന്തി എന്തുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ അത് മതി അശാന്തിക്ക് പിന്നെന്താണ് നിരഞ്ജനവും നിർമ്മലവും നിഷ്ക്രിയമാവുമ്പോൾ അവിടെ മനസ്സിനെയും നിഷേധിക്കും അവിടെ കേവലമായ ശാന്തി ആ ശാന്തി എന്ന് പറയുന്നത് ഇതിന്റെ സ്വരൂപം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നെല്ലാം നിരഞ്ജനം നിർമ്മലം നിഷ്ക്രിയം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ സ്വരൂപത്തെയാണ് ശാന്തി ഉള്ളതാണ് ശാന്തം അത് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം അതിശാന്തം അതെവിടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് സുഷൃതിയിൽ വേറെടത്ത് ശാന്തി അനുഭവപ്പെടുന്നുണ്ട് വേറെ ഉള്ളിടത്ത് ശാന്തി അനുഭവപ്പെടുന്നുണ്ടല്ലോ സമാധാനം അത് അശാന്തിയിലുള്ള ശാന്തിയാണ് അതിൻ്റെ ആധാരം അശാന്തിയാണ് മനസ്സാണ് മനസ്സൊരു നിമിഷം നിശ്ചലമാകുന്നത് എന്തിനു വേണ്ടി അടുത്ത നിമിഷം അത് വീണ്ടും ചലിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിന്റെ സ്വഭാവമാണ് മനസ്സിനെ എത്ര ബലം പ്രയോഗിച്ച് നിശ്ചലമാക്കിയാലും ശരി അതിന സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല അഗ്നിക്ക് അതിന്റെ സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല ഉഷ്ണത അതിനഗ്നിക്ക് കളയാൻ പറ്റത്തില്ല കളഞ്ഞാൽ അതിന് അഗ്നിയില്ല മനസ്സിന്റെ സ്വഭാവമാണ് ചലനം മനസ്സിന്റെ സ്വഭാവം വിട്ടാൽ പിന്നെ മനസ്സില്ല മനസ്സിന്റെ സ്വഭാവം വിടുന്ന മാത്രം സുഷൃത്തിയില്ല അവിടെ മനസ്സിൻ്റെ സ്വഭാവത്തെ വിടുന്ന ചലിക്കുന്നില്ല ചലിച്ചോ ഉടൻ സ്വപ്നമായി അല്ലെങ്കിൽ ജാഗ്രതയി അവിടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ശാന്തം അതുകൊണ്ടാണ് ജീവൻ ശാന്തി ആഗ്രഹിക്കുന്നത് ശാന്തി ആഗ്രഹിക്കുന്ന എങ്ങനെ ഉറക്കത്തെ ആഗ്രഹിക്കും ആഗ്രഹിക്കണ്ട നിർബന്ധമായി അവർ സംഭവിച്ചാലും കാരണം പക്ഷിയുടെ ദൃഷ്ടാന്തം പറയും പക്ഷി പറന്ന് തളരുമ്പോ വീണ്ടും അവന്റെ നീടത്തെ തന്നെ ആശ്രയിക്കും അതുപോലെ മനസ് ചലിക്കുമ്പോൾ അതതിൻ്റെ നിഷ്ക്രിയ രൂപത്തെ അത് പ്രാപിച്ചേ മതിയാവും അപ്പൊ അത് ഉറക്കത്തെ പ്രാപിക്കുന്ന അവിടെ മാത്രം ശാന്തം ഏകം അദ്വയം ഏകമാണ് അദ്വയനാണ് ഏകവും അദ്വില് പക്ഷെ അവർക്ക് ഈശ്വരൻ അദ്വയനെന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഈശ്വരൻ ഏകനാണെങ്കിലും ആ ഏകനായ ഈശ്വരനിൽ നിന്നും ഭിന്നമാണ് ജീവന്മാർ ഇവിടെ അങ്ങനെയല്ല ഏകനും അദ്വയനുമാണ് അധ്വയനെന്ന് പറയുമ്പോൾ എന്താണ് ആ ഏകനായ ഈശ്വരൻ നിന്ന് ഭിന്നമാരായ ജീവന്മാരിവിടെയില്ല അതുകൊണ്ട് രണ്ടും പറയും അദ്വയം നേതി നേതി സർവവിശേഷ അപ്പോഹസമ്മേദ്യം നേതി നേതി എന്നിങ്ങനെ സർവവിശേഷ അപ്പോഹം സർവവിശേഷങ്ങളെയും നിഷേധിച്ചാൽ സംവേദ്യമായി തീരുന്നത് സമ്യക് വേദ്യമായി തീരുന്നത് എന്നർത്ഥം അപരോക്ഷത എന്ന് പറയുന്ന അതാണ് എന്ന് പറയുന്ന ഒരു വിശേഷമാണ് സാധാരണ രീതി സംവേദനം എന്ന് പറയുന്നു ഏതാണോ സംവേദനത്തിന് വിഷയമായിരിക്കുന്നത് സംവേദ്യം സംവേദ്യങ്ങളെല്ലാം ഓരോ വിശേഷങ്ങളാണ് പുസ്തകം ഞാനും ഒരു സംവേദനമാണ് അവിടെ പുസ്തകം സംവേദ്യമാണ് അതൊരു വിശേഷമാണ് ഇവിടെ എന്താണ് സർവവിശേഷം ഇങ്ങനെ സർവവിശേഷങ്ങളിൽ നിഷേധിക്കും നിഷേധിച്ചാൽ വരുന്ന സംവേദ്യം എന്ന് പറയുമ്പോൾ മറ്റു സംവേദ്യങ്ങളെ പോലെയല്ല അപ്പോൾ അവിടെ സമേധ്യം എന്താണ് ശേഷിക്കുന്നത് അതാണ് സമേദ്യം എന്ന് പറയുന്നത് സർവ്വവിശേഷങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് അതാണ് നീതി നേരീതി സർവ്വവിശേഷ അപ്പോദ്യം അപ്പ വേറെ തരത്തിലും പറയുന്നതാണോ ലക്ഷ്യമായിരിക്കുന്നത് സർവ്വ നിഷേധങ്ങളും ക്ഷീകരിക്കുന്നതിനെയാണോ അങ്ങനെ പറയും ഉപലക്ഷിതമെന്ന് സാങ്കേതികമായ ഭാഷക്കു അല്ലാതെ സംവേദ്യമെന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല സർവശബ്ദ പ്രത്യേക അപോചനം അത് പ്രത്യേകം പറയുന്നു സർവശബ്ദങ്ങൾക്ക് സർവജ്ഞാനത്തിനും അവിഷയമായിരിക്കുന്നത് അത് സ്വയം ജ്ഞാനസ്വരൂപമായതുകൊണ്ട് ജ്ഞാനത്തിനും വിഷയമാകുന്നില്ല ആത്മാശ്രയദോഷ തത് അത്യന്ത വിശുദ്ധ പ്രജ്ഞോപാധി സംബന്ധേന സർവജ്ഞ അതുതന്നെ ആ പരവം ബ്രഹ്മം തന്നെ വിശുദ്ധ പ്രജ്ഞോപാധി അത്യന്ത വിശുദ്ധമായിരിക്കുന്ന പ്രജ്ഞയാകുന്ന ഉപാധി വിശുദ്ധപ്രജ്ഞ എന്താണ് വിശുദ്ധപ്രജ്ഞ ഈശ്വരന്റെ ഉപാധിയുമായ മായ എന്ന് പറഞ്ഞാൽ വഞ്ചന കള്ളമെന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ ഇവിടെ പറയുന്നു അത്യന്ത വിശുദ്ധ പ്രജ്ഞോപാധി അത്യന്ത വിശുദ്ധമായ ആ മായോപാധിയിലെ സംബന്ധം കൊണ്ട് സർവജ്ഞം ഈശ്വര സ്വജ്ഞം സർവജ്ഞൻ എന്നല്ല അതറിയപ്പെടുന്നു അപ്പൊ രണ്ടിനെയും പറയാം ഒന്ന് നേറ്റി നേറ്റി എന്ന് നിഷേധിച്ച് ശേഷിക്കുന്നു മറ്റൊന്ന് അത്യന്ത വിശുദ്ധമായ മായ ഉപാധിയോടുകൂടിയിരിക്കുന്നത് ഒന്ന് നിർഗുണബ്രഹ്മമായും മറ്റൊന്ന് ഈശ്വരനായും സർവസാധാരണ അഭ്യാകൃത ജഗദ്ബീജപ്രവർത്തകം അതുതന്നെയാണോ സർവസാധാരണമായിരിക്കുന്നത് സർവസാധാരണമായിരിക്കുന്ന അമ്പ്യാകൃത ജഗത് ബീജ അമ്പ്യാകൃതമായിരിക്കുന്ന ആ ജഗത് ബീജത്തിന് പ്രവർത്തകം അതിനെ ആശ്രയിച്ച് ജഗത്തിനെ സൃഷ്ടിക്കുന്നവൻ നിയന്തൃത്വ ഇതിനെ നിയന്ത്രിക്കുന്നത് അവനാണ് നിയാമകൻ അവനാണ് അന്തര്യാമി സ്വപ്നം അതുകൊണ്ട് അവൻ എന്ന് പറയുന്നത് അന്തര്യമേദി അന്തർയാമി ഉള്ളിലിരുന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവൻ അന്തര്യാമി സ്വപ്നം ഭോതി ഈശ്വരൻ എന്ന് പറയുന്നു ഹിരണ്യഗർഭൻ എന്ന് പറയും പ്രജാപതി എന്ന് പറയും നിർഗുണബ്രഹ്മൻ എന്ന് പറയും എല്ലാം ഒന്ന് തന്നെ തദൈവ വ്യാകൃത ജഗദ്ബീജൂത ബുദ്ധിയാദ്യ അഭിമാന ലക്ഷണ ഹിരണ്യഗർഭം അതിനെ തന്നെ ഹിരണ്യഗർഭനെന്ന് പറയുന്നു ജഗദ്ബീജൂ വ്യാകൃതമായി ജഗത്ത് അനുബീജൂതമായിരിക്കുന്ന ബുദ്ധി ആത്മാ ബുദ്ധിയാകുന്ന ഉപാധി കൊടുത്തതാൻമ്യപ്പെട്ടിരിക്കുന്നവൻ സമഷ്ടുദ്ധിയോട് താതമ്യപ്പെട്ടിരിക്കുന്ന ഹിരണികർധൻ ഹിരണികർധനയും പ്രജാപതിയും രണ്ടായി പറയുന്നു തദൈവ അന്ത രണ്ടോ ഉദ്ഭൂത പ്രഥമശരീരോപാധി വിരാട് പ്രജാപതി സ്വപ്നം ഭൂതി വിരാട് പ്രജാപതി ആയിരിക്കുന്നു അവൻ തന്നെ എങ്ങനെ പ്രഥമശരീര അഭിമാനിയായിരിക്കുന്നു വിരാടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർവശരീരഭിമാനിയായിരിക്കുന്നു ബ്രഹ്മാതി സ്തംഭ പരി എന്തേശു തത്തന്നാമരു വലാഭോ ബ്രഹ്മണ ഇങ്ങനെ ബ്രഹ്മം തുടങ്ങി പൊല്ലുവരെയുള്ള വിശേഷനാമങ്ങളും വിശേഷരൂപങ്ങളും ബ്രഹ്മത്തിൻ്റെ തന്നെയാണ് പറയുന്നു വേറെ ബ്രഹ്മത്തിൻ്റെ എന്നല്ല അത് ബ്രഹ്മം തന്നെയാണ് അത് പറയുന്നു ാൽ ഭിന്നങ്ങളായി സർവപ്രാണികളും താർക്കികന്മാരും പലതായി അതിനെ തന്നെ കാണുന്നു സർവപ്രകാരീണ ന്യായതേ യുക്തിവാദികൾ ദൈവത്തി മനുഷ്യരൂപത്തിൽ അതിനെ തന്നെ കാണുന്നു കൽപ്പ്യത അനേകത്തിൽ അതിനെ സംബന്ധിച്ച് കൽപ്പിക്കുന്നു മനും അന്യേ പ്രജാപതിയും ശ്രുതി പറയുന്നു ഏതമേകെ വദന്തി അഗ്നിയും മനം അന്യ പ്രജാപതി ചില അഗ്നി എന്ന് പറയുന്നു ചിലർ മനു എന്ന് പറയുന്നു ചിലതിനെ പ്രജാപതി എന്ന് പറയുന്നു ഇന്ദ്രം ഏക ഇന്ദ്രൻ എന്ന് ചിലർ പറയുന്നു അവരെ പ്രാണൻ ചിലർ പ്രാണനെന്ന് പറയുന്നു അവരെ ബ്രഹ്മ ചില ശാശ്വതം ശാശ്വതമായ ബ്രഹ്മ എന്ന് പറയുന്നു വിദ്യാഭ്യാസ സ്മൃതി സ്മൃതി ഇതിനെ തന്നെ പറയുന്നു പല രീതിയിൽ പറയുന്നു എന്നർത്ഥം അഗ്നി എന്ന് പറയുമ്പോൾ വേറെ ആളതിനെ മനുഷ്യൻ എന്ന് പറയുന്നു പ്രജാപതി എന്ന് പറയുന്നുളി ഇന്ദ്രൻ എന്ന് പറയുന്നുളി ബ്രഹ്മ എന്ന് പറയുന്നത് ശാശ്വത ബ്രഹ്മെന്ന് പറയുന്നു ഒന്നിനു തന്നെ പല പേരിൽ പറയുന്നു അർത്ഥം സയേതേന പ്രജ്ഞേനാത്മന അസ്മത് ലോകാത് ഉത്മ്യ അമുഷ്മിൻ സ്വർഗേ ലോകെ സർവാൻ കാമാനാ അമൃത സമഭവത് സമഭവത് സവാമദേവോ അന്യോ വായുവീത പ്രജ്ഞേന അല്ലാതെ മറ്റുള്ളവരും ഈ ബ്രഹ്മത്തെ അറിഞ്ഞു പ്രജ്ഞേനാത്മനൈവ പ്രജ്ഞേനാത്മനാ പൂർവ വിദ്വാംസോ അമൃതാഭൂവും പൂർവ്വവിദ്വാൻമാർ വാമദേവനത്തേ പോലുള്ളവരെല്ലാവരും ഏതൊരു പ്രജ്ഞാനം അതുകൊണ്ടാണോ വിദ്വാൻ സാനികളായി അമൃതന്മാരായി തീർന്നത് തഥായമോവി വിദ്വാൻ ഇന്നുള്ള വിദ്വാൻമാരും ഏതേനെയും പ്രജ്ഞേനാത്മന അസ്മാൻ ദൂഖാതുക്രമ്യ ഈ ആത്മാവിനെ കൊണ്ട് അന്തരാത്മാവിനെ കൊണ്ട് പ്രജ്ഞ ആന്തരികമാണ് അന്തരാത്മാവിനെ കൊണ്ട് അസ്മാൻ ദൂകാതുക്രമ്യ ലോകം വിട്ടിട്ട് ഈ ശരീര താതാമ്യത്തെ വിട്ടിട്ട് നടത്തും അങ്ങനെ വ്യഖ്യാനിച്ച വ്യാഖ്യാനം ലോകം ഈ ശരീരം തന്നെ വിദ്വന്മാർ ഈ ശരീര താതാമ്യത്തെ വിട്ടിട്ട് അസ്മാ ലോക ഉത്ക്രമ്യ അമിഷൻ സ്വർഗീയ ലോക ഇതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ച ഈ ലോകം എന്ന് ഈ ശരീരം തന്നെ ഈ ലോകത്തിൽ നിന്നുള്ള ഉത്ക്രമണം എന്ന് പറയുന്നത് ഈ അത് വിട്ടിട്ടുള്ള സ്വർഗ്ഗം എന്ന് പറയുന്ന സ്വരൂപസ്ഥിതിയാണ് അത് അവിടെ സർവസുഖങ്ങളും അനുഭവിക്കുന്നു എന്ന് പറയുന്ന സർവ്വസുഖങ്ങളും അന്നലന്തർഭവിച്ചിരിക്കുന്നുകൊണ്ടാണ് യഥാ വ്യാഖ്യാതം ഇക്കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു സർവാംഗാമനാപ്ത്വ അമൃത സമഭവീതി ഓം അങ്ങനെ അമൃതത്വം മോക്ഷത്വത്തെ അവർ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് മംഗള ശബ്ദത്തിലൂടെ അതിനെ ഭാഷ്യകാരൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ തുടക്കം ആത്മാവെന്താണെന്നുള്ള അന്വേഷണം വിചാരം അത് കഴിഞ്ഞു വരുന്നത് പ്രജ്ഞാനം ബ്രഹ്മ അതിന്റെ കണ്ടെത്തൽ ആത്മാവ് ആ പ്രജ്ഞാനം അത് ബ്രഹ്മം തന്നെ പിന്നീട് എന്റെ ഫലം അതുകൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു ാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ചുരുക്കത്തിൽ നമ്മളിത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിത് കൂടുതൽ വിശദീകരിച്ചില്ല സജ്ഞേനാത്മന അസ്മാതുക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമൃത സമഭവത്ത് സമഭവത് ഓം വാങ്മേ മനസി പ്രതിഷിത മനോ മേവാജി പ്രതിഷ്തം ആവിരാധി ഏതൃ മ ആണീസ് മേ മാ അനേനധീരാൻ സന്ദി അർദ്ദം വരിഷ്യമി സത്യം വരിഷ്യമി തന്മാവക്രമവ മാം അവധു വരം വധു വരമ്പ സന്ധി